जादनाया अध्या बम आद्यजात राम अश्बेल मूर् अ जनिपचुत्र अबीशूव नयो गेर ഷെഫൂഫാൻ പൂര യഹൂദിന്റെ പുത്രന്മാരോ അവർ ഗേബ നിവാസികളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാർ അവർ അവരെ മാനഹത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി നയമാൻ അഹിയാവ് ഗേര എന്നിവരെ തന്നെ അവൻ പിടിച്ചുകൊണ്ടുപോയി പിന്നെ അവൻ ഹൂസിയെയും അഹിഹൂദിനെയും ജനിപ്പിച്ചു ഷഹരെയും തന്റെ ഭാര്യമാരായ ഹൂസീമിനെയും യരയെയും ഉപേക്ഷിച്ച ശേഷം മോവാബ് ദേശത്ത് പുത്രന്മാരെ ജനിപ്പിച്ചു അവൻ തന്റെ ഭാര്യയായ ഹോദേശിൽ യോബാബ് സിബിയാവ് മേശ മൽക്കാം യവൂസ് സാഖ്യാവ് മിർമ എന്നിവരെ ജനിപ്പിച്ചു ഇവർ അവന്റെ പുത്രന്മാരായി പിതൃഭവനങ്ങൾക്ക് തലവന്മാർ ആയിരുന്നു ഹൂഷീമിൽ അവൻ അബീതൂബിനെയും എൽപയെലിനെയും ജനിപ്പിച്ചു എൽപയലിന്റെ പുത്രന്മാർ മിഷാം ഷേമർ ഇവൻ ഓനോവും ലോതും അതിനോട് ചേർന്ന പട്ടണങ്ങളും പണിതുവ് ഷേമ ഇവർ അയ്യാലോൻ നിവാസികളുടെ പ്രതിർഭവനങ്ങൾക്ക് തലവന്മാരായിരുന്നു ഗത് നിവാസികളെ ഓടിച്ചു കളഞ്ഞു അഹിയോ ശാശക് എരേമോ സെബ്യാവ് അരാത് ഏദർ മിഖയൽ ഇഷ്പ യോഹ എന്നിവർ ബരിയാവിന്റെ പുത്രന്മാർ സബദ്യാവ് മെഷുല്ലാം ഹിസ്കി ഹേബർ ഇഷ്മരായി ഇസ്ലിയാവ് യോബാബ് എന്നിവർ എൽപേലിന്റെ പുത്രന്മാർ യാക്കിം സിക്രി സബ്തി എലിയേനായി സില്ല എലിയേൽ അദായാവ് ബരായാവ് ഷിംറ എന്നിവർ ഷിമിയുടെ പുത്രന്മാർ ഇഷ്ഫാൻ ഏബർ എലിയേൽ അബ്ദോൻ സിക്രി ഹാനാൻ ഹനന്യാവ് ഏലാം അധോത്യാവ് ഇഫ്ദേ പെനുവേൽ എന്നിവർ ശാശത്തിന്റെ പുത്രന്മാർ ശംഷരായി ഷഹരിയാവ് അഥല്യാവ് യാരേഷ്യാവ് എലിയാവ് സിക്രി എന്നിവർ യരോഹാമിന്റെ പുത്രന്മാർ ഇവർ തങ്ങളുടെ തലമുറകളിൽ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പ്രധാനികളും ആയിരുന്നു അവർ യെരുഷലേമിൽ പാർട്ടിരുന്നു ഗിബെയോനിൽ ഗിബയോന്റെ പിതാവായും അവന്റെ ഭാര്യയ്ക്ക് മയഖ എന്നു പേർ അവന്റെ ആദ്യജാതൻ അബ്ദോൻ സൂർ കീസ് ബാൽ നാദാബ് ഗദോർ അഹിയോ ശേഖർ എന്നിവരും പാർത്തു മിക്ലോദ്യെ ജനിപ്പിച്ചു ഇവരും തങ്ങളുടെ സഹോദരന്മാരോടുകൂടെ യെരുഷലേമിൽ തങ്ങളുടെ സഹോദരന്മാർക്കെതിരെ പാർത്തു ജനിപ്പിച്ചു കീശ്ലിനെ ജനിപ്പിച്ചു മൽകിഷുവേയും അഭിനാതാവിനെയും എസ് ബാലിനെയും ജനിപ്പിച്ചു യോനാഥാന്റെ മകൻ മെരിബാൽ മെരിബാൽ മീഖയെ ജനിപ്പിച്ചു മീഖയുടെ പുത്രന്മാർ പീഥോൻ മേലക് തരേയ ആഹാസ് ആഹാസ് ഹോവദ്ദയെ ജനിപ്പിച്ചു യഹോവദ്ദ അലമത് അസ്മാവത്ത് സിംറി എന്നിവരെ ജനിപ്പിച്ചു സിമറി മോസയെ ജനിപ്പിച്ചു മോസ ബിനയെ ജനിപ്പിച്ചു അവന്റെ മകൻ രാഫ അവന്റെ മകൻ എലാസ അവന്റെ മകൻ ആസേൽ ആസേലിന് ആറു പുത്രന്മാർ ഉണ്ടായിരുന്നു അവരുടെ പേരുകളിത് അസ്രീഖാം ബുഖ്രൂം ഇസ്മയേൽ ാവ് ഹാനാൻ ഇവരെല്ലാവരും അസലിന്റെ പുത്രന്മാർ അവന്റെ സഹോദരനായ യേശിന്റെ പുത്രന്മാർ അവന്റെ ആദ്യജാതൻ ഊലാം രണ്ടാമൻ യവൂഷ് മൂന്നാമൻ എലിഫെലൂലാമിന്റെ പുത്രന്മാർ പരാക്രമശാലികളും വില്ലാളികളും ആയിരുന്നു അവർക്ക് അനേകം പുത്രന്മാരും പൗത്രന്മാരും ഉണ്ടായിരുന്നു അവരുടെ സംഖ്യ നൂറ്റി ഇവരെല്ലാവരും ബെന്യാമീന്യ സന്തതികൾ